എന്റെ ജനതയെ നിങ്ങളുടെ നിലപാടുകളിൽ നിങ്ങൾ പ്രവർത്തിച്ചു ഞാനും പ്രവർത്തിക്കുകയാണ് അപമാനകരമായ ശിക്ഷ ആർക്കാണ് വരികയെന്നും ആരാണ് കള്ളനെന്നും നിങ്ങൾ വൈകാതെ അറിയും നിങ്ങൾ കാത്തിരിക്കുക തീർച്ചയായും ഞാൻ നിങ്ങളെ നിരീക്ഷിച്ചു